എല്ലാവർക്കും എന്റെ പ്രണാമം മനസ്സിൻ്റെ വിഷമസ്ഥിതി സമസ്ഥിതി ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു പലത് കാണുന്നത് സത്യമെന്ന് കരുതി അവയിലൊക്കെ രാഗദ്വേഷകരുഷമായി മനസ്സ് സദാ ചലിക്കുന്നതാണ് മനസ്സിൻ്റെ വിഷമസ്ഥിതി അർജുനൻ ഈ വിഷമസ്ഥിതിയിൽ എത്തിയത് കൊണ്ടാണ് വിഷാദം എൻ്റെ ബന്ധുക്കൾ അവരെയൊക്കെ ഞാൻ എങ്ങനെ നേരിടും എന്ന വിഷാദം നേരെ മറിച്ച് കാണുന്നതൊക്കെ ഇല്ലാത്തതാണ് മിഥ്യയാണ് ബോധസ്വരൂപനായ ഒരു ഈശ്വരനെ ഇവിടെ ഉള്ളൂ ം പോലും മറ്റൊരു വസ്തുവില്ല കാണുന്നതൊക്കെ ഈശ്വരൻ അതായത് ബ്രഹ്മം എന്നുറപ്പിച്ച് മനസ്സിനെ ഏകാഗ്രതയിൽ എത്തിച്ച് ശാന്തിയും സുഖവും അനുഭവിക്കുന്നതാണ് മനസ്സിൻ്റെ സമസ്ഥിതി ഈ സമസ്ഥിതി തന്നെയാണ് ബ്രഹ്മാനുഭവം വിഷമസ്ഥിതി സംസാരാനുഭവം അതായത് പ്രപഞ്ച അനുഭവം അതിരിക്കട്ടെ ഈ വിഷമസ്ഥിതിയിൽ നിന്നും സമസ്ഥിതിയിലേക്ക് എത്താൻ എന്താ മാർഗം ഭഗവാൻ തുടർന്ന് രണ്ട് മാർഗങ്ങളാണ് നിർദ്ദേശിക്കുന്നത് ഒന്ന് സാഖ്യബുദ്ധി മറ്റേത് യോഗബുദ്ധി സാഖ്യബുദ്ധിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സാഖ്യം എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി സംഖ്യ കണക്കുകൂട്ടി വേർതിരിച്ച് തിരിക്കുന്നത് അപ്പോൾ സാഖ്യബുദ്ധി കണക്ക് കൂട്ടി വേർതിരിച്ച് ഇവിടെയുള്ള വസ്തുക്കളിൽ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നുറപ്പിക്കുന്നതാണ് സാഖ്യബുദ്ധി തുടർന്ന് മനസ്സിൻ്റെ സമനില ഉറപ്പുവരുത്തുന്നതാണ് യോഗബുദ്ധി യോഗബുദ്ധി അടുത്ത ദിവസം വിശദമായി ചർച്ച ചെയ്യും ഇന്ന് സാങ്ക്യബുദ്ധിയാണ് ഈ കാണുന്ന നിലനിൽപ്പിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളത് വളരെ എളുപ്പം രണ്ടേ രണ്ട് വസ്തുക്കൾ പ്രാഥമികമായി പോലും നമുക്ക് കാണാനുള്ളത് രണ്ടേ രണ്ട് വസ്തുക്കൾ ജം ബോധം ഇതൊക്കെ വളരെ എളുപ്പം വിണെങ്കിൽ എഴുതിയിട്ട് ഓർമ്മിക്കുക ജഡം ബോധം ശങ്കരഭഗവത്പാദർ തന്നെ തൻ്റെ ഭാഷ്യം ആരംഭിക്കുന്നത് ഈ ജഡബ ബോദ്ധ വിശകലനത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ പറയുന്നു ഇവ രണ്ടും തമപ്രകാശവത് വിരുദ്ധസ്വഭാവയോ ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധസ്വഭാവങ്ങളോടുകൂടിയതാണ് ജഡന് ഇരുട്ടത് ബോധം വെളിച്ചം ജഡത്തിന് സ്വന്തം ഉണ്മ പോലും അനുഭവമില്ല അപ്പോൾ പിന്നെ അത് മറ്റുള്ളവരുടെ ഉണ്മ അനുഭവിക്കുക എന്ന പ്രശ്നവുമില്ല ബോധം സ്വയം സ്വന്തം ഉണ്മ അനുഭവിക്കുന്നു ഞാനുണ്ട് എന്ന് സ്വന്തം ഉണ്മ അനുഭവിക്കുന്നു മറ്റെല്ലാറ്റിൻ്റെയും ഭ്രമങ്ങളുടായ ഉണ്മ പോലും ബോധമുണ്ടെങ്കിൽ ഉണ്ട് ബോധം അനുഭവിക്കുന്നു അപ്പോൾ വേദസത്യം ബോധം സത്യം ജഡം അസത്യം എന്ന് തീരുമാനിക്കാം രണ്ടിനെയും എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഉണ്ടായി മറയുന്നതൊക്കെ ജഡും അപ്പോൾ സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ പുറമേ കാണുന്ന കാഴ്ചകളൊക്കെ ജഡം ഉണ്ടായി മറയുന്നു എനർജി ഇവിടെ സ്പന്ദനം സ്പന്ദിക്കുന്നു മറയുന്നു വീണ്ടും സ്പന്ദിക്കുന്നു മറയുന്നു അതുകൊണ്ട് അതും ജഡമാണ് എനർജി ജഡമാണ് പണ്ടൊക്കെ എനർജി ജഡമാണെന്ന് ആരും ധരിച്ചിരുന്നില്ല പക്ഷേ ഇന്നതല്ല എനർജി മാറ്റർ എന്ന് രണ്ടുണ്ട് എന്ന് പണ്ട് ആധുനിക ശാസ്ത്രം ധരിച്ചിരുന്നു ഇന്നതല്ല എനർജി സൂക്ഷ്മജഡം സട്ടിൽ മാറ്റർ ഉണ്ടാവുന്നു മറയുന്നു വീണ്ടും ഉണ്ടാകുന്നു മറയുന്നു ആ എനർജിയാണ് പിന്നെ ഈ പ്രപഞ്ചമായി കാണുന്ന സൂര്യചന്ദ്രന്മാർ വരെയുള്ള എല്ലാ ദൃശ്യങ്ങളിലെയും കാഴ്ച എല്ലാം ഉണ്ടാകുന്നു മറയുന്നു സൂര്യൻ ഇല്ലാതിരുന്നിട്ടുണ്ടായതാണ് ജീർണിച്ച് മറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറേ കഴിയുമ്പോൾ പൂർണ്ണമായും മറയുന്നു ഈ ഒരു സൂര്യനല്ല അനന്ത കോടി സൂര്യന്മാർ ഇവിടെ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക ഇവിടെ ഒരു സൂര്യൻ ഉണ്ടാവുമ്പോൾ മറ്റു പലയിടത്തും അനേക സൂര്യന്മാർ മറയുകയായിരിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വേറെ അനേക മനുഷ്യർ മരിക്കുന്നുണ്ടാവും അതാണ് ഉണ്ടാവുക മറയുക സൂര്യചന്ദ്രന്മാർ പോലും അത്രയുള്ളൂ അവരുടെ പുറമേ കാണുന്നതൊക്കെ അവരുടെ ശരീരം ആ ശരീരങ്ങൾ ഉണ്ടാകുന്നതാണ് മറയുന്നതാണ് ബോധം ഉണ്ടാകുന്നില്ല ജീർണിക്കുന്നില്ല മറയുന്നില്ല സ്വയം ഉണ്ടെന്ന അനുഭവത്തോടു കൂടി സർവ ത്ര നിറഞ്ഞ് നിൽക്കുന്നു ഉണ്ട് എന്ന അനുഭവമാണ് ബോധത്തിൻ്റെ പ്രത്യേകത സ്വയം ഉണ്ടെന്നനുഭവിക്കുന്നു മറ്റെല്ലാം ഉണ്ടെന്നനുഭവിക്കുന്നു എവിടെയും ഉണ്ട് എന്ന അനുഭവമുണ്ടോ ആ അനുഭവത്തിൻ്റെ ഉടമയാണ് ബൗദ്ധം ബോധമില്ല ഉണ്ടെന്ന് അനുഭവം സാധ്യമല്ല നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ജീവൻ സാക്ഷാത് ബോധം ബ്രഹ്മം ആ ജീവനുണ്ടോ നമുക്കോരോരുത്തർക്കും എല്ലാം ഉണ്ട് ഞാനുണ്ട് എന്ന ബോധം ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ ശരീരം പോലുമില്ല ഞാനില്ല ഒന്നുമില്ല ഒരു ജഗത്തുമില്ല നമുക്ക് തീർച്ചയല്ലേ അപ്പം നമ്മുടെ എല്ലാം ഞാൻ എന്ന ആ ബോധമാണ് അതില്ലെങ്കിൽ ഒന്നുമില്ല തീർന്നു അതോടുകൂടി എല്ലാം തീർന്നു ഇതാർക്കും സ്പഷ്ടമായി സ്വയം അനുഭവിക്കാവുന്ന വസ്തു അപ്പോൾ ഉണ്ടായി ജീർണിച്ച് മറയ മറഞ്ഞ് വീണ്ടും ഉണ്ടായി ജീർണിച്ച് മറയുന്നതാണ് ജഡം ഉണ്ടാകാതെ ജീർണിക്കാതെ മറയാതെ ആനന്ദ സ്വരൂപമായി എങ്ങും നിറഞ്ഞ് നിൽക്കുന്ന ബൗ അതാണ് ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ പേരാണ് ബോധം ആ ബ്രഹ്മമാണ് സത്യം ശാസ്ത്രം ഈശ്വര തത്വം തീർന്നെ സംശയം രണ്ടേ രണ്ട് പദാർത്ഥം മൂന്നാമതൊരു പദാർത്ഥം ഇവിടെ കാണിച്ചു തരാൻ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല ജഡം ബോധം ജഡം അസത്യം സ്വയം തന്നെ ഇല്ല പിന്നെ എന്താ ബോധം സത്യം ഈ രണ്ട് പദാർത്ഥങ്ങളെ വരുതിരിച്ചു ബോധം സത്യം ജഡം അസത്യം എന്ന് കാണിച്ചു തന്നു ഇതാണ് സാങ്ക്യബുദ്ധി ഭഗവാൻ അർജുന നിനക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നു ചേർന്നത് മനസ്സിൻ്റെ വിഷമസ്ഥിതി കൊണ്ടാണ് ഈ വിഷമസ്ഥിതി നമുക്ക് മാറ്റിയെടുക്കണം ഞാനതിനാദ്യമായി നിനക്ക് സാഖ്യബുദ്ധി ഉപദേശിക്കാം രണ്ട് പത്ത് മുപ്പത്തിരണ്ട് ശ്ലോകം വരെ സാഖ്യബുദ്ധി എന്നിട്ട് ഭഗവാൻ തന്നെ പറയുന്നു ഇത്ര ഇതുവരെ ഞാനും നിനക്കുപദേശിച്ചത് സാങ്ഖ്യബുദ്ധിയാണ് യശാത്തെ അഭിഹിത സാങ്ഖ്യേ ബുദ്ധിഹി സാങ്ഖ്യബുദ്ധിയാണ് ഇതുവരെ ഉപദേശിച്ചത് ഇനി യോഗബുദ്ധി ഉപദേശിക്കാം അപ്പോൾ ഈ സാഖ്യബുദ്ധി ഉപദേശിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ സത്യം ോധം അസത്യം ജഡം ഇവ തമ്മിലുള്ള ബന്ധം എന്താ ഇവ തമ്മിൽ ഒരു ബന്ധവുമില്ല ജഡം ഉണ്ടായിട്ടേ ഇല്ല ബോധമാണ് ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല ില്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയുമില്ല അത് ഗൽ ആദ്യം തന്നെ പറയുന്നേ ആ ഒരു ശ്ലോകം ശരിക്കും പഠിച്ചാൽ മതി ഉള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല രണ്ടാമത്തെ പതിനാലാമത്തെ ശ്ലോകം ആണെന്ന് തോന്നുന്നു ില്ലാത്തതൊരിക്കലും ഉണ്ടാവുകയുമില്ല അപ്പോൾ ജഡം ഇല്ല ഇല്ല പലർക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു ഞെട്ടലാണ് എന്നുവെച്ചാൽ ജഡത്തെ ആശ്രയിക്കുകയാണ് ജീവിച്ചു പോരുന്നത് ശരീരമാണ് ജഡത്തെ കൊണ്ടു സുഖിക്കാം പണം ഉണ്ടാക്കാം വീട് വയ്ക്കാം ഒക്കെ നല്ലത് പക്ഷേ എല്ലാവർക്കും ഇത് ചെയ്യുമ്പോൾ സുഖം വേണം അതങ്ങനെ ഇല്ലാത്തതിനെ ആശ്രയിച്ചാൽ എങ്ങനെ സുഖം കിട്ടും ജഡത്തെ ആശ്രയിക്കുന്നതോറും നിമിഷം പ്രതി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ജഡം പലതരം ദുഃഖങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം അർജുന ഭീഷ്മറും ഭീഷ്മരുടെ ശരീരം ജഡുമാണ് അത് കുറേ കാലം മുമ്പ് ഉണ്ടായി ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ വയസ്സായി നീ കൊന്നില്ലെങ്കിൽ പോലും യുദ്ധത്തിൽ കൊന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ഞാൻ കൊന്നു നിർത്തിയിരിക്കുകയാണ് കാലരൂപനായ ഞാൻ അത് പറയുന്നുണ്ട് ഇപ്പം പതിനൊന്നാം അധ്യായത്തിൽ മയാ ഹത്താൻ തൊം ജഹി ഞാൻ കൊന്നു കഴിഞ്ഞിരിക്കുന്ന ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ നീയും കൂടെ ഒന്ന് കൊന്നേക്ക നീ പേടിക്കണ്ട നീയാണ് കൊല്ലുന്നതെന്ന് അങ്ങനെ വലിയ അഭിമാനമൊന്നും വേണ്ട ഞാനവരെയൊക്കെ മയാ ഹത്താൻ ദ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഞാൻ അവരെയൊക്കെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ നീങ്കൂടെ ആ ആ കൊല ഒന്ന് ഒന്ന് കൊല എന്ന് വെച്ചാൽ ഇവിടെ കൊലയൊന്നുമില്ല ഈ ശരീരം ഇടവൊക്കെ വെറും നേരം പൂക്ക് അപ്പൊ ഈ കാണുന്നുണ്ടല്ലോ സാർ കാണുന്നുണ്ട് അതിനെന്താണ് ഇവിടെ ഇതൊക്കെ ഉണ്ട് ഇന്നും ഞങ്ങൾ ഒരാളുമായി സംസാരിച്ചത് ഇവിടെ ഇതൊക്കെ ഉണ്ട് എന്താ തെളിവ് സാർ കാണുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് വ്യക്തമായി അനുഭവിക്കുന്നു കണ്ണുകൊണ്ട് രൂപം അനുഭവിക്കുന്നു അതെങ്ങനെ ഇല്ലെന്ന് പറയാൻ ഒക്കെ കാതുകൊണ്ട് ശബ്ദം അനുഭവിക്കുന്നു ഇതെങ്ങനെയാണ് ഇല്ലെന്ന് പറയാൻ ഒക്കുന്നത് അത് ശരി ഉള്ളതുപോലെ അനുഭവിക്കുന്നതൊക്കെ ഉള്ളതാണോ സ്വപ്നം കാണാറില്ലേ എന്ത് ഗംഭീരമായ അനുഭവങ്ങൾ എത്ര വിചിത്രങ്ങളായ അനുഭവങ്ങൾ പക്ഷേ ആ സ്വപ്നത്തിൽ കാണുന്ന കാഴ്ചകൾ ഒന്നും തന്നെ ഉള്ളതല്ലെന്ന് സ്പഷ്ടമല്ലേ എവിടുന്ന് വന്നു ഒരു നിശ്ചയവുമില്ല അതാണ് കാര്യം മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് ഒന്നാന്തരം കാനൽ മിറാഷ് അനുഭവിക്കുന്നില്ലേ മൃഗതൃഷ്ണിക എന്ന് പറയും ചെയ്ത് കണ്ടിട്ട് മൃഗങ്ങൾ ഈ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞോടും ഓടും തോറും അവ അകന്നകന്നു പോകും ഒടുവിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ അവ മരുഭൂമിയിൽ മരിച്ചു വീഴും അതുകൊണ്ടാണ് ഈ കാനൽ ജീവിതത്തെ മൃഗതൃഷ്ണിക എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇവിടെ ജീവിതം ഇപ്പം സുഖം കിട്ടും അതായത് ഇവിടെ സുഖമുണ്ട് അവിടെ എത്തി സുഖം ഒരു പത്തടി അകലെയാണ് പള്ളിക്കൂടും പരീക്ഷ പാസായാൽ സുഖം പാസ്സായി കഴിഞ്ഞപ്പോൾ സുഖം എന്ത് ചെയ്തു ഒരു ജോലിയിൽ ചെന്ന് തന്നി ജോലി കിട്ടിയാൽ സുഖം കിട്ടി അതും കിട്ടി ജോലി കിട്ടി സുഖം അവിടെ നിന്ന് ഒരു കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചത് പിന്നെ ഒന്നും പറയാനില്ല അങ്ങനെയല്ല സാർ കല്യാണം നോക്കാൻ വളരെ സുഖമായിട്ട് കഴിഞ്ഞ് പോകുന്നു പക്ഷെ എന്ത് ചെയ്യാം ഒരു കുഞ്ഞില്ല എത്ര പേരാണെന്നറിയാമോ എൻ്റെ അടുത്ത് തന്നെ വരുന്നത് സാർ എന്തുക്കാൻ ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം കുഞ്ഞുണ്ടായി പോട്ടെ അതൊക്കെ ഇനി ഞാൻ വിസ്തരിക്കുന്നില്ല സുഖം ഇങ്ങനെ ഓടുകയാണ് ഓടി ഓടി ഉദ്യോഗം കിട്ടി എല്ലാം ആയി ഓടുക പത്തറുപത് എഴുപത് വയസ്സായി അന്വേഷിച്ചെന്നും ഒരു സുഖവുമില്ല സാർ എന്താ കാര്യം പല വയസ്സുമായി നേരെ എണ്ണീക്കമ്മയ നടക്കാം മയ്യ പിന്നെ ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങൾ കഠിനമായി ബാധിച്ചിട്ടുണ്ട് വളരെ പ്രയാസം സുഖമില്ല കുറച്ച് ദിവസം അങ്ങനെ കിടന്നു ചില കരച്ചിലാണ് വലിയ ഗംഭീരന്മാരായി ഈയിടെയൊക്കെ നമ്മൾ പലരെയും പത്രത്തിലേക്ക് കാണാറല്ലേ എന്നോട് പലരും പറഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുകയാണ് സാർ ആശുപത്രി പ്രവേശിച്ചു ആശുപത്രിയിൽ കിടന്ന കരച്ചിലാണ് മറ്റൊന്നുമില്ലെങ്കിൽ എന്നെ ആരും അന്വേഷിക്കുന്നില്ല പണ്ടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നു സർ ഇപ്പോൾ ആരും അന്വേഷിക്കുന്നില്ല കരച്ചിലാണ് കരഞ്ഞ് കരഞ്ഞ് ഒടുവിൽ ഒരു ദിവസം മരിച്ചു എന്ത് സുഖമനുഭവിച്ചു ജഡത്തെ ആശ്രയിച്ച് ജീവിച്ചു മരിച്ചു എന്തുകൊണ്ട് ജഡം ഇല്ലാത്തതാണ് അസത്യം അസത്യത്തെ ആശ്രയിക്കുന്ന ആൾ എങ്ങനെ സുഖിക്കും സത്യമേ വയത്തെ സത്യം സുഖസ്വരൂപമാണ് ബോധത്തിൻ്റെ സ്വരൂപം തന്നെ സുഖമാണ് നമ്മളൊക്കെ ആ ബോധമാണ് നമ്മളൊക്കെ സുഖസ്വരൂപികളാണ് പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്താ മായ മായ എന്ന് പറഞ്ഞാൽ യുക്തി പറയാനില്ലാത്ത കുറേ കാഴ്ചകൾ ഈ പ്രപഞ്ചം എന്തുകൊണ്ട് മായ എന്ന് പറയുന്നു യുക്തി പറയാനില്ല യുക്തിഹീന പ്രകാശ്യസപ്ഞ മായ അതുമാത്രം ഓർമ്മിക്കുക യുക്തിഹീന പ്രകാശ്യസജ്ഞ മായ യുക്തി ഇല്ലാത്ത പ്രകാശം എന്ത് യുക്തി അങ്ങനെയുള്ള സാർ ഇതൊക്കെ ഏത് ചോദ്യം ഏതൊരാളിനോടും ഒന്ന് രണ്ട് ചോദ്യം അപ്പുറത്തോട്ട് പോയാൽ അറിഞ്ഞുകൂടെ സാറെന്ന് പറയും യുക്തിയില്ല എനർജിയാണ് ഇതൊക്കെ ഒന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ ഉണ്ടോ അല്ല എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഞങ്ങൾ സംസാരിക്കാറുമുണ്ട് വലിയ നല്ല ശാസ്ത്രജ്ഞന്മാർ എനർജി എവിടുന്ന് സ്പന്ദിക്കുന്നു എനർജിയുടെ ആദ്യ സ്പന്ദനം എവിടെ നിന്നുണ്ടായി അതാണ് അത് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ താമസിക്കാതെ കണ്ടുപിടിക്കും ഈ അടുത്ത കാലത്ത് കണികാപരീക്ഷണം ടി വിയിലൊക്കെ വന്നതാണ് എത്രയോ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് പണമെടുത്തു വെച്ചാൽ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് പറ്റത്തില്ല എത്രയോ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ വയ്യാത്ത അത്ര പണം ശേഖരിച്ച് ഒരു കണികാപരീക്ഷണം നടത്തി ഇതാ ഇന്നതിൻ്റെ തുടക്കമിട്ടു എന്ന പത്രങ്ങളിലൊക്കെ വന്നു തീർന്നു പിന്നെ ഒന്നും കേൾക്കാനില്ല അവിടെ എന്ത് പരീക്ഷിക്കാനാണീ കാണുക കാണിക എന്നല്ല ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നതും പറഞ്ഞാൽ നടക്കുകയുമില്ല ഇതൊക്കെ ഇതെൻ്റെ കൂട്ടത്തിലാണ് സ്വാമിരാമൻ പറയുമ്പോൾ അല്ലേ സ്വാമിരാമൻ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ഒക്കെ അന്ന് അദ്ദേഹത്തെ ജയിക്കാനാളില്ലായിരുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങളെപ്പോലുള്ളവരോ ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ ഗംഭീരശാസ്ത്രങ്ങളാണ് പരമാവധി അത് പഠിക്കണം എക്സ്പെരിമെൻസ് നടത്തണം അതൊക്കെ നമ്മുടെ രാജ്യത്തിനും നമുക്കും അഭിമാനം പക്ഷേ സത്യം അദ്ദേഹം പറയുന്നു ഇവരുടെ സത്യാന്വേഷണം ഒരമ്മ റോഡിലിറങ്ങി സൂചി അന്വേഷിക്കുമ്പോഴാണ് അമ്മ തയ്യൽക്കാരി അമ്മ ഒരു കുടിലിലാണ് താമസം അമ്മ ഒരു ദിവസം റോഡിലിറങ്ങി എന്തൊക്കെയോ അന്വേഷിക്കുന്നു ഒരാളെ ചോദിച്ചു അമ്മയെന്തന്വേഷിക്കുന്നു ആ എൻ്റെ സൂചി കളഞ്ഞു പോകും മോനെ എവിടെയാ സൂചി കളഞ്ഞത് കളഞ്ഞത് വീട്ടിലാണ് ആ പിന്നെന്താ ഈ ഇവിടെ വന്നേ അവിടെ വെളിച്ചമില്ല ഇവിടെ ഒന്നാന്തിരം വെളിച്ചം നല്ല ഇലക്ട്രിസിറ്റി ഇല്ലായിട്ട് എന്ന അന്വേഷിച്ചറിയാം അതാണ് അമ്മയെ അതൊക്കില്ല വീട്ടിൽ പോയി ഒരു മണ്ണെണ്ണ വിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ സൂചി അന്വേഷിക്കൂ അന്വേഷിച്ച് ആ സൂചി കണ്ടെടുക്കൂ എന്നിട്ടാ സൂചിയും കൊണ്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് ഈ ഇലക്ട്രിസിറ്റി ലൈറ്റിൻ്റെ മുമ്പ് വരാം അതുവരെ കിട്ടുന്നില്ല തീർച്ചയായും അതുപോലെന്ന സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് അവിടെ പോയി സത്യം അന്വേഷിക്കാം വിരോധമില്ല നിശ്ചയമായിട്ടും ചന്ദ്രനിൽ ഇറങ്ങണം അന്വേഷിക്കണം അത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ മഹത്വം പക്ഷെ ഇതിൽ കവിഞ്ഞൊരു സത്യം അമേരിക്കക്കാർ ഓടിക്കണക്കിന് പ്രണഞ്ചിലവക്കെ ചന്ദ്രനിലിറങ്ങി എന്നിട്ട് എന്നാൽ കുറച്ച് കുറച്ച് മണ്ണ് കിട്ടി അവിടെ ധാരാളം കൊണ്ടിഞ്ഞ് പോവും മണ്ണിവിടെ കിട്ടില്ലേ ഇഷ്ടംപോലെ എന്ന് വിചാരിച്ചവിടെ പോകണ്ടതല്ല ഒരിക്കലും അങ്ങനെ ധരിച്ചേക്കരുത് ശാസ്ത്രത്തെ നിരുത്സാഹപ്പെടുത്തുന്നു അങ്ങനെ ഒരു പ്രശ്നമേൽ ഞാൻ നിരുത്സാഹപ്പെടുത്തിയാലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും ഈ സംസാരമായ ഭ്രമത്തിൻ്റെ ഏർപ്പാടാണിത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും അതിനൊരു സംശയവും പക്ഷേ ഇത് ഇല്ലാത്തതിൽ െന്ത് സത്യമാണ് നിങ്ങൾ കണ്ടെടുക്കാൻ പോകുന്നത് ഉള്ളിലേക്ക് തിരിയൂ പലതുണ്ടെന്ന് ചിന്ത ഉപേക്ഷിക്കൂ കൃഷ്ണൻ പോലും അറിയുന്നു ഭാഗതല്ലേ പറയുന്ന ആ ഒടുവിലത്തെ ശ്ലോകം സർവഗുഹ്യതമം ഭൂയ വചനം തവള അർജുന എല്ലാ രഹസ്യങ്ങളിലും വെച്ച് രഹസ്യമായ കാര്യം ഞാൻ നിന്നോട് പറയാം ഏ കൃഷ്ണ പിന്നെ ഇത്ര നേരവും പറഞ്ഞതെന്താ ഇത്ര നേരവും വെച്ച ആദ്യമേ ഇതൊന്നും പറഞ്ഞാൽ നിൻ്റെ തലയ്ക്ക് കയറിയില്ല ഞാനത് അതുകൊണ്ട് ഇത്ര നേരവും പറഞ്ഞു സർവഗുഹ്യത്തമം എന്നെപ്പറും പറയുന്നത് ഇതിൽ പലപ്പോഴും രഹസ്യമില്ല എന്താ രഹസ്യം സർവധർമാൻ പരിത്യജ്യ പ്രസിദ്ധമായ ശ്ലകില്ലേ ഇവിടെ കാണുന്നതിനൊക്കെ ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കുമെന്ന് വെച്ചാൽ ഇല്ലെന്ന് തീരുമാനിക്കൂ അതാണ് ഉപേക്ഷിക്കുമെന്ന് വെച്ചാൽ എല്ലാത്തിനും എടുത്ത് അറേബ്യൻ കടലിൽ കൊണ്ട് കളയണോന്നല്ല അങ്ങനെ ഒന്നും കളയാനൊക്കില്ല ഇപ്പം ഈ മേശ ഇടിച്ചുപിടിച്ച് അറേബ്യൻ ശീലിട്ടാൽ ഇതിനെ ഉപേക്ഷിച്ചു ഇതില്ല പിന്നെന്താ ഇതൊക്കെ ബോധം ബ്രഹ്മം അതെങ്ങനെ സാർ ജഡം എങ്ങനെ ബ്രഹ്മമാവും ജഡം ബോധത്തിലെ ഭ്രമമാണ് ഒരു വസ്തുവിലെ ഭ്രമം അന്തിമ വിശകലനത്തിൽ ആ വസ്തു തൻ്റെ ഇതൊക്കെ നിയമങ്ങളാണ് ഒരു വസ്തുവിൽ ഒരു ഭ്രമദൃശ്യം ഇപ്പം മരുഭൂമിയിൽ കാനൽ ജലം ഭ്രമം പക്ഷേ അന്തിമവിശകരണത്തിൽ കാനൽ ജലം എന്താ മരുഭൂമി യാതൊരു സംശയവും ഇല്ല ഒരു കയറിൽ സർപ്പത്തെ കാണുന്നു ആ സർപ്പം അന്തിമ വിശകലനത്തിൽ എന്താ കയറ് ആർക്കാ സംശയം സർപ്പത്തെ കാണുന്നു ആ സർപ്പം കയറാണ് കയറ് സർപ്പത്തിൻ്റെ രൂപം കാണിക്കുന്നു സർപ്പമില്ല അതുപോലെ ബ്രഹ്മം ഈ പ്രപഞ്ചത്തിൻ്റെ നാമരൂപങ്ങളെ കാണിക്കുന്നു ഒന്നുമില്ല ധൈര്യമായിട്ടുള്ളിൽ ഇത് ഉറപ്പിക്കുക ഓടിക്കളയണ്ണ പിന്നെ ഇതൊന്നാം തരം ഒരു നാടകം നാടകത്തിൽ കഥയില്ല കഥാപാത്രം ഒന്നുമില്ല പിന്നെ എന്തിനു സാർ ഇതൊക്കെ ചെയ്യുന്നു നിവൃത്തിയില്ല വന്നുപോയി വേഷം കെട്ടിപ്പോയി വന്നുപോയി കർമ്മം ചെയ്തേ പറ്റൂ മാറി നിൽക്കാൻ പറ്റില്ല പിന്നെന്താ വേണം ചെയ്യുമ്പോൾ ദുഃഖം വരരുത് ഇതറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴോ ഒന്നുമില്ല ഈ ഇല്ല ഈ പ്രപഞ്ചം ഇല്ല എന്നുള്ള കാര്യം വ്യാസൻ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ വരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു വ്യക്തമായി ശ്രീശങ്കരൻ ഗവളപാദ ആചാര്യർ ഗുരുദേവൻ തന്നെ ആത്മബോപദേശതത്തിൽ മരണഭൂമിയില്ല പച്ച മലയാളമായതുകൊണ്ടാണ് ഞാൻ ആ ശ്ലോകം പറയുന്നത് മരണഭൂമിയില്ല പുറപ്പുമില്ല വാഴവും നരസുരരാജയും ഇല്ല ഇല്ലയെന്ന് അർത്ഥം ഇല്ല നരസുരരാജയുമില്ല പിന്നെന്താ നാമരൂപം സ്വർണത്തിൽ ആഭരണ കാണും പോലെ നാമരൂപം പിന്നെ ഈ കാണുന്നതോ മരുവിയിൽ അമർന്ന മരീച്ചി നീരുപോലെപ്പൊരുപൊരുള മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെ കാണപ്പെടുന്നു പൊരുളല്ല ഈ കാണുന്ന ഒന്നും സത്യമല്ല എനർജി മുതൽ സൂര്യചന്ദ്രന്മാർ വരെ സത്യമല്ല ഉണ്ടെന്ന് തോന്നുന്നു സത്യം ബ്രഹ്മം സൂര്യനും ബ്രഹ്മം എനർജിയും ബ്രഹ്മം ഇത് സയൻസ് അല്ല ചുമ്മാ പറയുകയല്ല ഇതിലപ്പുറം ഒരു സയൻസ് സത്യം കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രം ഇനി ലോകത്തൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തിനായി പറയുന്നത് നമുക്ക് ദുഃഖിക്കാൻ നോക്കുകയില്ല ഒട്ടേറെ ക്ലേശങ്ങൾ വരുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് സാറുക എന്താ ചെയ്യാം സുഖമില്ല അല്ല മകൻ ജോലി കിട്ടിയില്ല അതാണ് ഇതാണ് ഇപ്പം എന്താ ചെയ്യുക ചെയ്യാവുന്നത് പരമാവധി ചെയ്യുക തീർന്നു നമ്മൾ ചെയ്യാനുള്ളത് പരമാവധി ചെയ്തു ഇനി എന്താ ഇനി ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ കണ്ണുനീർ വാർത്ത് കരയുക അതുകൊണ്ട് സോക്കിടും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സോക്കിടും ഒന്നാം തരം ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചു ഒക്കെ ചെയ്തു അല്പം ഭേദമൊക്കെ ഉണ്ടെങ്കിലും ഭേദമായില്ല സാർ പൂർണ്ണമായിട്ട് ഇനി എന്താ ഇനി ആ രോഗിയുടെ അടുത്തിരുന്ന് തന്നെ കരയുക അല്ലാതല്ല അല്ല എന്താ മാർക്കും അവിടെ ഈ ധൈര്യം ഉണ്ടോ എന്താ ധൈര്യം സാരമില്ലാത ഇതൊക്കെ നളിനി ദളഗത ജലം താമര ഇറയിൽ പറ്റിയിരിക്കുമ്പോഴുള്ള വെള്ളത്തുള്ളി ഒഴിക്കുന്ന വെള്ളത്തുള്ളി പോലെ അതി തരണം നിമിഷം ഉണ്ടല്ലോ പേപ്പറെടുത്ത് നോക്കുക കാലത്തെ ഇതവർക്ക് ഏത് ഗംഭീരനും ഇതല്ലാതെ ഒരു മറുപടിയില്ല സർ ധർമ്മം ചെയ്യാത്തത് കൊണ്ടല്ലേ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ എന്ത് തെറ്റ് ധർമ്മവും ഇല്ല അധർമ്മവുമില്ല ഇത് കൃഷ്ണൻ ഭാഗവതത്തിലുള്ള ഉദ്ധവരോട് പറയാണ് ഏടോ ഇവിടെ നല്ലതുമില്ല ചെയ്യാ ആകെ ഇല്ല ഒന്നുമില്ല പിന്നെ നന്മ എന്ന് വിചാരിച്ചത് നന്മയും തിന്മയും ഇല്ലെന്ന് കരുതി നോക്കൊണ്ടെന്ന് കരുതുന്നു നടത്തോളം അതനുസരിക്കുക പക്ഷേ ഇല്ലയെന്നുറപ്പിച്ച് ദുഃഖിക്കാതിരിക്കുക ദുഃഖിക്കാതിരിക്കുക ദുഃഖിക്കാതിരിക്കാനാണ് പ്രധാനമായും ഇത് പറയുന്നത് കിംഭദ്രം ഒരു കൃഷ്ണൻ പറയുകയാണ് കിംഭദ്രം കിം അഭദ്രം വ ദ്വൈതസ്യ അവസ്തുനഹ ഏകാദശം ഉദ്ധവരോട് പറയുകയാണ് ഉദ്ധവരെയ എന്ത് നല്ലത് കിം അഭദ്രം എന്ത് ചീത്ത എന്താ കാര്യം ദ്വൈതസ്യ അവസ്തുന രണ്ടെന്ന് കാണുന്നതൊക്കെ അവസ്തുവാണ് ഇല്ല ഇല്ലാത്തതാണ് ഇതേ ഉള്ളൂ ആർക്കും പറയാൻ ചില ചില്ലറ പോം വഴികളൊക്കെ നിർദ്ദേശിച്ചാലും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ചില ചില്ലറ പോം വഴികളൊക്കെ നിർദ്ദേശിച്ചാലും ഒടുവിൽ ഇതെന്തുകൊണ്ട് സാറിങ്ങനെയൊക്കെ വന്നത് മായ യുക്തി പറയാനില്ല ഒന്നിനും ഈ ലോകത്ത് യുക്തി പറയാനേ ഇല്ല ഇത് ഭാഗവതത്തിൽ അതിഗംഭീരമായ ഒരു സന്ദർഭമുണ്ടായി പാണ്ഡവരവയുക്തമൊക്കെ കഴിഞ്ഞു മിക്കവാറും രണ്ടുപക്ഷത്തുള്ള പത്തോ പന്ത്രണ്ടോ പേരാണ് ശേഷിച്ചത് ബാക്കിയൊക്കെ മരിച്ചു ഒക്കെ മരിച്ചു അപ്പം ആര് ജയിച്ചു ഇതാണ് സ്ഥിതി ആരാ ജയിച്ചത് ആരും ജയിച്ചില്ല രണ്ടുകൂട്ടരും തോറ്റു ധർമ്മപുത്രർക്കിത് സഹിച്ചില്ല ധർമ്മപുത്ര തറയിൽ കിടന്ന് പിഴഞ്ഞ് കരയുകയാണ് ഞാൻ ആരെയെല്ലാം വധിച്ചു എൻ്റെ അപ്പന്മാരെ കൊന്നു എൻ്റെ സഹോദരങ്ങളെ അവരുടെയൊക്കെ രക്തം വരേണ്ട രാജ്യം കൃഷ്ണ ഞാനില്ല എനിക്ക് വേണ്ട ഈ രാജ്യം ഞാനീ രാജ്യം ഭരിക്കുകയില്ല തീർച്ചയായിട്ടും കൃഷ്ണനും വ്യാസനുമെത്തി അല്ല നമ്മളിവിടെ ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെ കിടന്ന് ഇവിടെയാണ് ചെന്നു കുറേയൊക്കെ ഉപദേശിച്ചു ദുഃഖിച്ചിട്ടൊന്നും കഥയില്ല കേട്ടോ പലരും ദുഃഖിച്ചിട്ടുണ്ട് കൃഷ്ണനും പറഞ്ഞു നോക്കി അത് പ്രബോധിത്വോപ്പി ഇതിഹാസേശ ആ വ്യാസേന വ്യാസൻ വ്യാസേന ഈശ്വരേഹാജ്ഞി വ്യാസാദ്ദേശ്വരേഹാജ്ഞി ഈശ്വരം മതം എന്തെന്നറിയാവുന്ന വ്യാസൻ തുടങ്ങിയ മുനിമാർ ഉപദേശിച്ചു കൃഷ്ണേന അദ്ഭുതകർമ്മ അത്ഭുതകർമ്മങ്ങൾ ചെയ്ത കൃഷ്ണൻ ഉപദേശിച്ചു പ്രബോധിതോപ്പി ഇതിഹാസൈകെ പല കഥകളിലും പറഞ്ഞ് ധർമ്മപുത്രനെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പരമബോധി തോപി ഇതിഹാസിക അദ്ദേഹത്തിന് അതേ ഏറ്റതയില്ല നമ്മില്ല എന്നെ കൊണ്ട് പറ്റില്ല നമ്മുടെ സ്ഥിതിയാണേ നമ്മൾ ചില ആളുകളോട് ഒപ്പം വലിയ സുഖം വരുമാലകൾ ഒരിക്കൽ ഒരമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു മകനെ ഇവിടെ പോവും പോയി ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല ഇതൊക്കെ സാ സാറെ അതൊന്നും പറയണ്ട സാറിന് എൻ്റെ മകനെ തരാമോ ഞാനങ്ങനെ തരും എന്നിട്ട് അവര് അവരെ കുറ്റം പറഞ്ഞിട്ട് കഥ ഇല്ല അത്ര മകനെക്കുറിച്ചുള്ള അവരുടെ ചിന്ത സാറിൻ്റെ വേദാന്തമൊന്നും ഇപ്പം എനിക്ക് വേണ്ട എനിക്കിപ്പോൾ ആവശ്യം എൻ്റെ മകനാണ് തരാൻ പറ്റുമോ അതുപോലെയാണ് ധർമ്മപുത്രം എനിക്ക് വ്യാസൻ്റെ കൃഷ്ണൻ്റെ ഈ ഏർപ്പാടൊന്നും എനിക്ക് വേണ്ട വ്യാസാദ്യേ ഈശ്വരേഹ അജ്ഞയഹേ കൃഷ്ണേന അത്ഭുതകർമ്മ പ്രബോധിതോപി ഇതിഹാസേഹേ പല കഥകളും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചു ന ബുദ്ധ്യത ശുചാർപ്പിത ശുചാർപ്പിത ധർമ്മപുത്ര തന്നെ ദുഃഖത്തിനായിട്ടങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ അദ്ദേഹം എങ്ങനെ ഇത് കേൾക്കും അപ്പോൾ കൃഷ്ണനാലോചിച്ചു കൃഷ്ണനല്ലേ അങ്ങനെ കൃഷ്ണൻ എങ്ങനെയാണ് ഈ പൂർണാവതാരമായത് ഒരു തുള്ളി കണ്ണുനേരം അദ്ദേഹത്തിൻ്റെ അല്ലാതെ കൃഷ്ണൻ അത്ഭുതകർമ്മമൊന്നും ചെയ്തുകൊണ്ടല്ല ഒരു തുള്ളി കണ്ണുനേരം ആ കണ്ണിൽ പൊളിഞ്ഞിട്ടില്ല അറിയോ ഒരു കളിയേ എന്നാൽ എല്ലാറ്റിലും പങ്കുകൊള്ളും എല്ലാറ്റിലും എന്തായാലും കൃഷ്ണൻ വിചാരിച്ചു ഇനിയിപ്പോൾ നിവർത്തിയില്ലല്ലോ എന്താ ചെയ്യുക ഇവരെ പാണ്ഡവന്മാരെയും വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ഭീഷ്മർ കിടക്കുന്ന സ്ഥലത്ത് പോവുകയാണ് ഭീഷ്മർ പത്താം ദിവസത്തെ യുദ്ധത്തിൽ അമ്പേറ്റ് വീഴും അർജുനൻ്റെ നേരത്തെ അറിയാമായിരുന്നു അതാണോ ഭീഷ്മരുടെ ഒരു മറ്റും ഈ കഥാപാത്ര രചനയെ ചിലരും മോശമാക്കി കാണിക്കാറുണ്ട് യുദ്ധത്തിനു മുമ്പ് സർവപുത്രരും ഒക്കെ കൂടെ ഭീഷ്മരുടെ അടുത്ത് ചെല്ലുന്നു അവരഞ്ചുപേരും ഞങ്ങളെ അനുഗ്രഹിക്കണം ഏഴോ നിങ്ങളെ അനുഗ്രഹിച്ചിരുന്നു നിങ്ങൾ തന്നെ ജയിക്കും ഞാൻ പത്താം ദിവസം വീഴും ഒക്കെ പറഞ്ഞു എന്നാൽ പിന്നെ ഇദ്ദേഹത്തിന് പാണ്ഡവന്മാരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തുകൂടായിരുന്നോ അല്ല അതൊക്കെ ഇല്ല ചിലർ പറയുന്നത് അത് ഭീഷ്മർക്ക് എപ്പോഴും കൃഷ്ണനെ ഇങ്ങനെ നേരിട്ട് കാണണം അത് കൗരവന്മാരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്ത നടക്കേണ്ടതൊക്കെ നടക്കും അത് ഞാനോ നിങ്ങളോ ആര് വിചാരിച്ചാലും ഒന്നും മാറ്റിയെടുക്കാൻ സാധ്യമല്ല അത് ഭഗവാനെ വിട്ടുകൊടുക്കുക നമ്മൾ ചെയ്യുന്നത് പോലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ചെയ്യുന്നു നമുക്ക് പണം ഉണ്ടാകുന്നതൊക്കെ ഭഗവാന്റെ കാരുണ്യം അതൊരിക്കലും മറക്കരുത് നമ്മുടെ കാരുണ്യമായി തെറ്റിദ്ധരിക്കുമ്പോഴാണ് എല്ലാം അപകടത്തിൽപ്പെടുന്നത് എന്തായാലും ഭഗവാൻ ഭീഷ്മർ കൃഷ്ണനെതിരെ നിന്ന് യുദ്ധം ചെയ്തു കൃഷ്ണനെതിരെ ഒരു ആ ഭീഷ്മർ സത്യമറിയാവുന്നയാളാണ് ഇവിടെ ഒന്നുമില്ല ഇതൊക്കെ ഒരു നേരപ്പോ ഒക്കെ ഒരു ഒരു പ്രതിജ്ഞയെ കൂടെ ഉള്ളു അതായത് ഭഗവാനൊരു പ്രതിജ്ഞ ചെയ്തു ഞാൻ ആയുധമെടുക്കുകയില്ല ഞാൻ അറിയേണ്ടത് സാരഥിയായിട്ട് പ്രവർത്തിക്കും പക്ഷേ എന്നാൽ ഭീഷ്മർ അങ്ങനെ അത്ര വാശിയോ എന്നാൽ ഞാൻ ഈ ഭഗവാനെ കൊണ്ട് ആയുധമെടുപ്പിക്കും വലിയ ഭക്തനാണ് ഞാനെടുപ്പിക്കും തീർച്ചയായും യുദ്ധം നടന്നു ഒടിയല്ലായപ്പോൾ അമ്പ് അമ്പുകൊണ്ട് അർജുനൻ്റെ തല വീഴും എന്ന ഘട്ടമായി അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്തു ചക്രവും എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ കു ചാടി കുതിച്ച് ചെന്നു ആ അപ്പോൾ ഭീഷ്മർ ഭീഷ്മരോ അമ്പും മില്ലൻ താഴെ വെച്ചു എനിക്കിത്രയും മതി അങ് ആയുധമെടുക്കില്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത് അതെ അതാണ് കൃഷ്ണൻ്റെ ഭക്തവാത്സല്യം ഭക്തൻ്റെ കാര്യങ്ങൾ രക്ഷിക്കാൻ ചിലപ്പോൾ കൃഷ്ണന് സ്വന്തം പ്രതിജ്ഞ പോലും ലംഘിച്ച് മുമ്പോട്ട് വരും അതൊക്കെ ശരിയാണോ സാർ അതൊക്കെ വേറെ കാര്യങ്ങളൊന്നും ഇപ്പോഴും ചോദിക്കണ്ട എന്തും ശരിയാണ് ഇവിടെ എന്ത് ശരി എന്ത് തെറ്റ് അപ്പോൾ കൃഷ്ണന് ഭീഷ്മരതല്ല പോലെ അറിയാം അതുകൊണ്ട് ഭീഷ്മരുടെ അടുത്ത് കൊണ്ടുപോയി ഭീഷ്മർ ശരസേനത്തിൽ കിടക്കുകയാണ് മരിക്കാൻ മരിക്കാനുള്ള സമയം നോക്കി ഉത്തരായണം നോക്കി ശരസേനത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഇവർ പാണ്ഡവന്മാരും കൃഷ്ണനും ഭീഷ്മെ അടുക്കൽ ചെന്നു ഭീഷ്മരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണു നേർ ധർമ്മപുത്രർ കണ്ടു അന്നുവരെ കരഞ്ഞിട്ടില്ല ധർമ്മപുത്രൻ അടുത്തു നിന്നു പിതാമഹ എന്താണിത് അങ്ങ് കരയുന്നു അപ്പോൾ ഭീഷ്മൻ ചിരിച്ചോണ്ട് പറഞ്ഞു മടയാ ഞാൻ കരഞ്ഞതൊന്നുമല്ല ഒരു തുള്ളി കണ്ണു നേ എൻ്റെ കണ്ണിൽ വന്നു അത് സത്യം എന്തുകൊണ്ടാണെന്ന് എൻ്റെ കൂടെ നടക്കുന്ന ഈ കൊച്ചനുണ്ടല്ലോ ഇയാളുടെ വികൃതികൾ ആലോചിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണു നേർ ഇയാൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്തൊക്കെ ഇന്ന് കാണിക്കുന്നു എന്തൊക്കെ നാളെ കാണിക്കുന്നു ആർക്കെന്താ നിശ്ചയം ധർമ്മപുത്ര എന്താ കാര്യം എത്ര ധർമ്മസുതോ രാജ നിങ്ങളുടെ കാര്യം തന്നെ നോക്കാം സാക്ഷാൽ ധർമ്മത്തിൻ്റെ മകൻ എന്ന മകനാണ് മകൻ രാജ ധർമ്മമൂർത്തി ധർമ്മപുത്ര ധർമ്മത്തിൽ ആണുകൾ ഉച്ചരിക്കയില്ല എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ എന്നോട് എന്നെ പലരും അമ്മ ചോദിക്കാറുണ്ട് സർ ഞങ്ങളിത് അവരുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾക്കെന്താ ഇത് വരാൻ കാര്യം ആലോചിച്ചാൽ എന്താ കാര്യം അത് ഭഗവാനോട് എന്നെ ചോദിക്കുക്തിയില്ല ഇവിടെ നടക്കുന്നതിനൊന്നും അങ്ങനെ കാരണ കാര്യ സിദ്ധിയൊന്നും കണ്ടുപിടിക്കാനേ സാധ്യമല്ല അല്ലെ ധർമ്മപുത്രേ എത്ര ധർമ്മസുതോ രാജ പിന്നെ ഗതാപാണി കോതര ഈ ലോകത്ത് മുഴുവൻ ഗതായുദ്ധത്തിൽ ജയിക്കാൻ കഴിവുള്ള ഭീമൻ കൃഷ്ണോസ്ത്രീയെ സവ്യസാചിയായ അർജുനൻ ഇടത് കൈകൊണ്ട് അമ്പയിത്ത് ഏത് ശത്രുവിനെയും ജയിക്കാൻ കഴിവുള്ള അർജുനൻ അത് നല്ല വില്ലില്ല ഇല്ല ഗാന്ഡികം ചാപം അഗ്നി കൊടുത്തോന്നരം വില്ല് ഇടവ് ധർമ്മപുത്രേ ഇത്രയുള്ളും സുഹൃത് കൃഷ്ണ പിന്നെ കൂടെ നടക്കുന്നു കൃഷ്ണൻ നമ്മളിപ്പോൾ കൃഷ്ണനെക്കുറിച്ച് ഞാൻ ദിവസവും കൊടുത്ത് കൃഷ്ണൻ കോവിലും അർച്ചന നടത്താറുണ്ട് സാർ എന്നിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ വരണമല്ലോ സാർ അത് ശരി ഇവിടെ അതല്ല ഇവിടെ അർച്ചനയൊന്നുമല്ല കൂൾ പറയുക സദാ കൂൾ നടക്കുക കൃഷ്ണോ സ്ത്രീ ഗാന്ഡി വംശാപം സുഹൃത് കൃഷ്ണ എടോ ധർമ്മപുദ്ധൻ തഥോ വിപത്ത് എന്നല്ലാതെ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്കാപത്തല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കുട്ടിക്കാലം കുട്ടികളായിരുന്നപ്പം മുതൽ കയ്യുകാലി ആറ്റിലിടുക സമുദ്രത്തിലിടുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അരക്കില്ല ഉണ്ടാക്കി ചുട്ടരിക്കുക കള്ളച്ചൂ ഉണ്ടാക്കി കാട്ടിലേക്കുക നിങ്ങൾക്ക് ആപത്തല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തത് വിപച്ച് ആ ഹാ ആ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ രാജ്യം എടുക്കില്ല എന്ന് പറഞ്ഞല്ലേ വന്നിരിക്കുന്നേ ഉള്ളൂ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ആരുടെ രക്തം വരണ്ടത് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പം രാജ്യം കൈ കിട്ടിയോ പോയി ഭരിക്കൂ കൃഷ്ണസ്ത്രീ കാണ്ടി വംശോപം സുഹൃത് കൃഷ്ണസ്തോ വിപത് അതുകൊണ്ട് രാജാവേ മഹ്യസ് കർഹിച്ചത് രാജൻ പൂമാൻ വേദവിധിതം ഇത് ഓർമ്മിച്ചോളാം ഭീഷ്മര പറയുന്നത് ധർമ്മപുത്രേ ഇയാൾ ഇന്നലെ വരെ എന്തു ചെയ്തു ഇയാൾ നാളെ എന്തു ചെയ്തു കണ്ടുപിടിക്കാൻ ആർക്കും സാധ്യമല്ല നഖിയസിയൊക്കെ അർഹിച്ചിട്ട് രാജൻ ഞാനീ പറയുന്നത് പരമാവധി ഓരോ ഘട്ടത്തിലും ചെയ്യാവുന്നതൊക്കെ ചെയ്തോളുക പക്ഷേ ഇതിൻ്റെ കാരണമെന്ത് ഒന്നും അന്വേഷിച്ച് നടക്കരുത് ആ ജ്യോതിഷന്മാരെയൊക്കെ കാണണമെങ്കിൽ കണ്ടോളുക പക്ഷേ അവർ പറയുന്നതൊക്കെ ശരിയാണോ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത് ആ ഒന്നും വേണ്ടെന്ന് നോക്കണ്ട ഒന്നും വേണ്ടെന്ന് നോക്കണ്ട കളിയിൽ എന്താ വേണ്ടെന്ന് നോക്കാൻ എല്ലാം നോക്കുന്നു പക്ഷേ ഒന്നും ഇല്ല വേറും കള്ളം എല്ലാം വെറും മരുമര ചെയ്യുക അത് മഹസ്യ കർഹിച്ചിത്രരാജൻ പുമാൻ വേദ വിധിതം ഇയാൾ എന്ത് ചെയ്യും എന്നല്ലയോ ധർമ്മപുത്രേ ആർക്കും ഒരു നിശ്ചയവുമില്ല ഞാൻ ചോദിക്കട്ടെ ഈ ലോകം എന്നുണ്ടായി ഇന്നുവരെ ലോകത്തങ്ങയാക്കാനും ഒക്കെ എത്ര പേര് മുമ്പോട്ട് വന്നു എന്തിനായി ഈ ലോകം ഉണ്ടാക്കിയത് അതുകൊണ്ടതാണ് അല്ലോ ധർമ്മപുത്രരെ തസ്യാനം അനുഗ്രഹിച്ചു അനാഥനാഥപാഹി പ്രജാപ്രഭോവും പ്രഭു ഇപ്പോൾ രാജ്യമാരുടെ കയ്യിൽ ഇന്നലെ ആരുടെ കയ്യിലായിരുന്നു അവരൊക്കെ ഒന്നും നോക്കണ്ട ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വന്നെത്തിയിരിക്കുന്നു കാരണമൊന്നും അന്വേഷിക്കാൻ പോണ്ട് ഇപ്പോൾ പരമാവധി എന്താ ചെയ്യാവുന്നത് അത് ഭഗവാൻ അർപ്പിക്കും ഭഗവത് പൂജയായിട്ട് ഭഗവാനം ഈ ശാസ്ത്രീയമായ ഈശ്വരതത്വം ഏത് രൂപത്തിൽ അദ്ദേഹത്തെ ഭജിച്ച് അർപ്പിച്ചാലും വിരോധമില്ല പക്ഷേ അർപ്പണമൊക്കെ ആത്മാർത്ഥമായിട്ടായിരിക്കണം എല്ലാം ഭഗവാനെ സർവധർമ്മൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്നെ ശരണം പാപിക്കും പരമാവധി നമുക്ക് ഭൗതികതലത്തിൽ പോലും രക്ഷ കിട്ടും ഇതാണ് നിയമം അല്ലാതെ പഴയതെന്ത് പുതിയതെന്ത് ഒന്നും ആലോചിക്കാൻ പോകരുത് മഹേഷ്യ കർഹി സിദ്രാജൻ പുമാൻ വേദവിധിതം എന്ത് വിജിജ്ഞാസയാനൂനം മുഹ്യന്തി കവയോപിഹി ഇടവുധർമ്മരേ ഈ ഭഗവാനും എന്ത് ചെയ്യുന്നു എന്തിന് ചെയ്യുന്നു ഇത് ഒട്ടേറെ ചിന്തകന്മാർ ചിന്തിച്ചിട്ടുണ്ട് കവികൾ ക്രാന്തദർശികൾ ഒന്നും പിടി കിട്ടിയിട്ടില്ല ഇന്നുവരൊന്നും പിടികിട്ടിയിട്ടില്ല പിന്നെ നമ്മളെ ഋഷിമാർക്ക് പിടികിട്ടിയവർക്ക് പിടികിട്ടിയതെന്താ ഇതൊക്കെ ഭഗവാൻ എന്തിനു ചെയ്യുന്നു നമ്മളെ ഋഷിമാർക്ക് ഭീഷ്മര പോലുള്ളവർക്ക് പിടികിട്ടിയതെന്താ ഭഗവാൻ ഇവിടെ ഒന്നും ചെയ്തില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ ഭഗവാൻ അത് ഉറപ്പിക്കുക അതാണ് മാം ഏകം ശരണം വച്ച എന്നെ മാത്രമേ ശരണം ിക്കൂ ഞാൻ പരമാവധി തന്നെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ചോളാം സർവധർമാൻ പരിത്യജ് മാമേഖം ശരണം വര അഹന്വാ സർവപാപ്യോ മോക്ഷ്യാമി മാശുച്ച ദുഃഖിക്കാതിരിക്കൂ എന്നെ എല്ലാ ദുഃഖത്തിൽ നിന്നും ഞാൻ മോചിപ്പിച്ചോളാം ഇത് സാധിക്കണം ഇത് സാധിക്കാൻ എന്താ ഇതാ സാഖ്യബുദ്ധി ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ ജടങ്ങില്ല എന്തുകൊണ്ടില്ല ഇതെവിടുന്നുണ്ടായി എന്ന് ആർക്കും ഒരിക്കലും പിടികിട്ടുകയില്ല എന്തുകൊണ്ട് പിടികിട്ടില്ല ഇത് ഇല്ലാത്തതാണ് ഇല്ലാത്തത് എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിച്ചാൽ ആർക്കാ പിടികിട്ടുക മരുഭൂമിയുടെ ഒരു അറ്റത്തു നിന്നുണ്ട് മരുഭൂമിയിൽ ഈ വെള്ളം എവിടെ എന്തെങ്കിലും പിടികിട്ടുമാർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അകത്തോട്ട് കയറി ചെല്ലു അപ്പോൾ മനസ്സിലാവും എന്ത് മനസ്സിലാവും ഓ ഇവിടെ ഒരു തുണ്ടി വെള്ളം പോലുമില്ല എന്നിട്ട് ആ വെള്ളം എവിടെ നിന്നുണ്ടായി ഞാൻ ഇത്രയും നേരം ആലോചിച്ച് തലകഞ്ഞ് കഴിഞ്ഞുകൂടിയത് എത്ര നാളാലോചിച്ചാലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അതിനൊന്നും കുറച്ചൊക്കെ അപ്പോഴും ഇത് ഓർമ്മിച്ചോളുക അനിത്യം അസുഖം ലോകം അറി കൃഷ്ണൻ പറയുക ഈ ലോകം അനിത്യവും അസുഖവുമാണ് ഭജസ്വം മാം അതുകൊണ്ട് നിത്യനും സുഖം സ്വരൂപനുമായ എന്നെ ഭജിക്കൂ അതാണ് അപ്പോൾ ഈ ഈ സാങ്ക്യബുദ്ധി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യം ബോധം അത് ഇനി ആ ഗീതയിലെ ശ്ലോകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അവിനാശി തദ്വിധി ഏന സർവമിതം തഥം വിനാശം അവ്യയസ്യകർത്തുമർഹസി അല്ലേ അർജുന ഈ ലോകത്ത് അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന സത്യം അവിനാശി ഒരിക്കലും നശിക്കുന്നതല്ല പിന്നെ ഇങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ വായിച്ചു നോക്കുക എല്ലായിടത്തും പറയുന്നത് അതാണ് ജഡവസത്യം അന്തവന്ധ ഇമയ ദേഹാഹ ഈ ദേഹങ്ങളൊക്കെ ഇല്ലാതാവും നിത്യസ്യുക്ത ശരീര നിത്യനായ ശരീരം ഇവിടെ നിറച്ചുണ്ട് പേടിക്കാനില്ല പോകുന്നതൊക്കെ പോക്കട്ടെ പോകട്ടെ അതിനൊന്നും സ്ഥിരമാക്കി ഇവിടെ നിർത്താനോ കൊണ്ടുവരാനോ ആർക്കും സാധ്യമല്ല അർജുന അനാശിനോ അത് നശിക്കാത്തതാണ് അപ്രമേയ അതിനെ അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ ഒക്കില്ല അതുകൊണ്ട് എന്തു വേണം കൃഷ്ണ എട ഒരു കുഴപ്പവുമില്ല യുദ്ധസ്വഭാരത തസ്മാ യുദ്ധസ്വഭാരത നീ ഭീഷ്മ വധിക്കും എന്താ യുദ്ധം കർമ്മമായി നിൻ്റെ കളിയായി ഈ നാടകത്തിലെ നിൻ്റെ പാർട്ടായി ഇപ്പോൾ വന്നു ചേർന്നു നിവർത്തിയില്ല യുദ്ധം ചെയ്യൂ ധൈര്യമായിട്ട് യുദ്ധസ്വഭാരത തസ്മാത് അതുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ നശിക്കാത്ത ഒരു വസ്തുവേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ വെറും ഭ്രമം അതുകൊണ്ട് യുദ്ധം ചെയ്തു നീ ഇവിടെ ആരെയും നശിപ്പിക്കുന്നില്ല ന ജായത്തയെ മൃഗത്തെയൊക്കെ ആ ഒരിക്കലും ജനിക്കുന്നില്ല ഒരിക്കലും മരിക്കുന്നില്ല ആ ഗീതാശ്ലോകങ്ങൾ വായിച്ചു നോക്കുക ഈ സാങ്ക്യബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചു നോക്കുക വ്യക്തമായി മനസ്സിലാവും എന്തായാലും ഭീഷ്മർ ധർമ്മപുത്രരോട് പറഞ്ഞു എടോ കവികൾ പോലും ഈ ഭഗവാന്റെ ചെയ്തി എന്തെന്ന് അന്വേഷിച്ചിട്ട് പിടികിട്ടുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് ഇപ്പോൾ രാജ്യം നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അത് സത്യമോ സത്യമോ എന്നൊന്നും ചിന്തിക്കാൻ പോകുന്ന അത് ഒരു നേരം പോക്ക അല്പക്കെ രാജ്യം കിട്ടി പോയി തസ്യനുഗ്രഹിത്വവും തസ്മാത് ഇതം ദൈവതന്ത്രം വ്യവസ്യഫലത അല്ലയോ അർജുൻ അല്ലല്ലോ ധർമ്മപുത്രേ ഈ ജഗത്ത് ദൈവതന്ത്രം ദൈവത്തിന് അധീനമാണ് ദൈവം എന്ന് വെച്ചാൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ ആരുമാവട്ടെ ബ്രഹ്മം ഐന്ദ്രജാലികൻ ദൈവം എന്ന് പറഞ്ഞാൽ ആ ഐന്ദ്രജാലികന് വശപ്പെട്ടതാണ് ഭാഗവത്തിലൊക്കെ നാരദൻ വീണ്ടും വീണ്ടും പറയും യഥാ ദാരുമയെ നാരി യഥാ യന്ത്രമയ പോവാൻ ഒരു ഒരു മരപ്പാവ എങ്ങനെയാണോ ഭാവി പാവകൾക്കാരന് വശപ്പെട്ടിരിക്കുന്നത് ഒരു എങ്ങനെയാണോ അതിനെ കളിപ്പിക്കുന്ന ആളുടെ വശപ്പെട്ടിരിക്കുന്നത് തഥാ സർവാണി ഭൂതാനി ഈശതന്ത്രണേ അത് ഈശൻ്റെ കയ്യിലാണ് സൂര്യനും ചന്ദ്രനും പോട്ടെ നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് അഹങ്കരിക്കാം ഞാൻ എൻ്റെ കാര്യമൊക്കെ നടത്തുന്നതിനാണ് ഈ സൂര്യനെ ആരാ ഇങ്ങനെ ചുറ്റി കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ശാസ്ത്രജ്ഞനാണോ സൂര്യനെ ഉണ്ടാക്കിയതാര ഒരു പിടിയുമില്ല അനന്ത കോടീസൂര്യന്മാർ അതുകൊണ്ട് എന്ത് വേണം വേറൊന്നും വേണമെന്നല്ല അപ്പോഴപ്പോൾ നമ്മുടെ കുടുംബത്തിലായാലും രാഷ്ട്രത്തിലായാലും നമ്മുടെ അടുത്ത് എന്ത് കാര്യം വരുന്നു പരമാവധി ഈശ്വര പൂജയായി അത് ചെയ്യുക ഈശ്വര പൂജയായി ബ്രഹ്മാർപ്പണം ബ്രഹ്മർ ബ്രഹ്മാഗ്രവും ബ്രഹ്മണാഹുതം ബ്രഹ്മയന ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന മറ്റൊരു പൂജയും വേണ്ട എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇത് ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കുക ആരോടും പറയണമെന്നില്ല അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് പാചകമാണ് പക്ഷേ ഇത് ബ്രഹ്മപൂജയാണോ എന്ന് ഓർമ്മിക്കുക അങ്ങനെ ബ്രഹ്മപൂജയാണെന്ന് ണ്ടാണോ സാർ പാചകം ചെയ്യേണ്ടത് തീർ തീർച്ചയായിട്ടും അങ്ങനെയായാൽ കറിക്ക് രുചി കൂടുമ്പോൾ സാർ നിശ്ചയമായിട്ട് കൂടും ഇന്ന് ഉള്ള കറിയുടെ രുചിയേക്കാൾ എത്രയോ മടങ്ങി കൂടും വെറുതെ ഈ ചില കോവിലുകളിലുള്ള ഉണ്ണിയപ്പവും അപ്പോൾ കൂടുതൽ രുചി പക്ഷേ ഈ അടുത്ത കാലത്ത് അർപ്പണ പോയിരിക്കുന്നു കൊട്ടാരക്കരെ ഉണ്ണിയപ്പം വളരെ മൃദുവാണ് നല്ലതാണ് ഈ ഒരു മൂന്നാല് ദിവസത്തിന് മുൻപ് ഒരാൾ അയ്യോ കടിച്ചാൽ കൊട്ടാത്ത ഉണ്ണിയപ്പോൾ എന്ത് ചെയ്യാൻ വെച്ചാൽ അവിടെ ഇപ്പം പണം ഇതുണ്ട അങ്ങനെ പണം ഉണ്ടാക്കാമെന്ന ചിന്തയുള്ളൂ അതാണ് നമ്മുടെ മനസ്സ് അങ്ങേറ്റം ഈശ്വരാർപ്പിതമായിരിക്കണം ഇത് സാധിക്കുമെങ്കിൽ മറ്റെല്ലാം ശരിപ്പഴും മറ്റൊരു കസർത്ത് കൊണ്ടും ഈ ഭ്രമരൂപമായ ലോകത്ത് കാര്യമായ ഒന്നും നേടാൻ പോകുന്നില്ല ഒന്നും നേടാമെന്ന് കരുതിയവരൊക്കെ ദയനീയമായി ജീവിതം അവസാനിപ്പിച്ചു ഹിറ്റ്ലർ യുദ്ധം യുപ്പം നേടി കളയാം ഒടുവിലെന്താ നേടിയത് സ്വന്തം കൈത്തോക്ക് കൊണ്ട് വെടിവെച്ച് മരിക്കന്മാർ അതാണ് നേടിയ നേട്ടം ഇതുപോലെ ഏത് ചരിത്രം വായിച്ചു നോക്കുക ഞാൻ ചരിത്രം കുറേ പഠിച്ചിട്ടുണ്ട് ഗംഭീരന്മാരായ ചക്രവർത്തിമാർ മുസ്ലിം ഭരണകാലത്ത് ചില ചക്രവർത്തി മിക്കവാറും പേരെ ജയിലിൽ ജയിലിൽ അടയ്ക്കുകയാണ് ആഗ്ര ജയിലിൽ കിടന്ന ഒരു ചക്രവർത്തി ഒരു ചരിത്രകാരൻ പറയുന്നത് മകനോട് വെള്ളം ചോദിച്ചും മകനോട് മകനാണെന്ന് രാജ്യം ഭരിക്കുന്നത് ഇദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയിട്ട് ചക്രവർത്തിയെ മകനെന്ത് ചെയ്തു ചെളി ഇലക്കിയ വെള്ളം കൊടുത്തായി ചൂന്ന് വെച്ചാൽ അച്ഛന് കുടിക്കാൻ അല്ല സാറേ അങ്ങനെയൊക്കെ മക്കൾ ചെയ്യുമോ സാർ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ പത്രം എടുത്ത് നോക്കുക ദിവസേന ഒന്നും പേടിക്കാനില്ല ഒന്നും ഇതങ്ങോട്ട് ഉറപ്പിക്കുക ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അടുക്കളയിലായാലും യുദ്ധക്കളത്തിലായാലും സർവേഷു കാലേഷുമാ അനുസ്മര കളി നേരം പോക്ക് ഒടുവിൽ ഭഗവാനം മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ശരീരത്തെ വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്നും പോവുക അതിനുള്ള കരുത്ത് ഈ ഗീത നമുക്ക് തന്ന് അനുഗ്രഹിക്കുവാറാകട്ടെ നമസ്കാരം ഇനി ഈ മാസം ഇരുപത്തെട്ടാം തീയതി പിന്നെ അടുത്ത മാസം അഞ്ചാം തീയതി നമ്മളിത് തുടരണം നമസ്കാരം